യൂണിറ്റ് ഫൈവ് എന്താ വരതേ ഇത് ആകെ വിയർത്തിരിക്കുന്നല്ലോ ആ വാഷ്ബേസിൻ്റെ അവിടെ പോയി കൈ മുഖം ഒന്ന് കഴിയിട്ട് വരൂ വല്ലാതെ തളർന്നതുപോലെ തോന്നുന്നു കണ്ണുകളും ഈറൻ അണിഞ്ഞിട്ടുണ്ടല്ലോ സാരമില്ല ഞാൻ അല്പം ഇരിക്കട്ടെ ഇരുന്നോളൂ ഞാൻ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് വരാം വേണമെന്നില്ല മല്ലികയും ഇവിടെ ഇരിക്കൂ എല്ലാവരും കൂടെ ഓടിയെത്തും കാര്യം അന്വേഷിക്കേടിക്കണ്ട മിക്കവരും ക്ലാസ്സിൽ പോയിരിക്കുകയാണ് ബാക്കിയുള്ളവർ പുസ്തകം തിരുത്തുകയോ മാസിക വായിക്കുകയോ ആണ് കാര്യം പറയൂ ആ ഫെസ്റ്റ് കുട്ടികൾ ശല്യപ്പെടുത്തിയോ പോക്കിലികളുടെ ഒരു ക്ലാസ് ആണത് ആ ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒപ്പം തന്നെ പാഠം പഠിപ്പിക്കാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല സാരമില്ല ആദ്യത്തെ ദിവസമല്ലേ എല്ലാവരുടെ അനുഭവം അങ്ങനെ തന്നെ ആയിരിക്കും ക്രമേണ ഒക്കെ ശരിയായിക്കൊള്ളു ഞാൻ ക്ലാസ്സിൽ കയറിയ ഉടനെ എന്റെ മുമ്പിൽ ഒരു കടലാസ് പ്ലെയിൻ വന്ന് വീണു ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നും പൊട്ടിച്ചിരി കാര്യം മനസ്സിലായത് പിന്നെ അറ്റൻഡൻസ് എടുക്കാൻ ഭാവിച്ചപ്പോൾ പുറകിൽ നിന്നും ആരോ വിളിച്ചുപോവി പുതിയ ടീച്ചറുടെ സ്വയം പരിചയപ്പെടുത്തൽ കഴിഞ്ഞാവാ ക്ലാസ് തുടങ്ങൽ ആ റൗഡി ബാലചന്ദ്രനാവും അവനാണ് അവരുടെ നേതാവ് വെളുത്തുപൊക്കത്തിൽ വലിയ മീശയുള്ള ഒരു കുട്ടിയാണോ അതെ അവൻ തന്നെ ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ പോലെ തലമുടി വെട്ടിയിട്ടിരിക്കുന്നവൻ ആ കുട്ടി എണീറ്റ് നിന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു ടീച്ചറുടെ മുഴുവൻ പേരും മേൽവിലാസവും എന്താ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ കഴിഞ്ഞെങ്കിൽ അത് പ്രേമ വിവാഹമായിരുന്നോ എതിർപ്പുണ്ടായിരുന്നോ ഭർത്താവിൻ എന്താണ് ജോലി എന്നിങ്ങനെ ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന് മുൻപേ ക്ലാസിൽ കൈയിടിയും ബഹളവുമൊക്കെയായി അപ്പോഴേക്കും അടുത്ത ക്ലാസ്സിലെ വാര്യ സാർ വന്ന് ക്ലാസ്സിന് വെളിയിലേക്ക് എന്നെ വിളിച്ചു സാറിന്റെ തല വാതിൽക്കൽ കണ്ടപ്പോൾ കീരിയായി കണ്ട പാമ്പിനെ പോലെ അവരുടെയൊക്കെ തലതാണ് സാർ പിന്നെ ക്ലാസ്സിലേക്ക് കയറി അവരോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചുപോയി എന്നിട്ട് ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് കയറി അപ്പോൾ കുട്ടികളൊക്കെ നിശബ്ദരായിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ മലയാള സാഹിത്യത്തെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷേ അതിനിടയിൽ വീണ്ടും അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി വേണ്ടതും വേണ്ടാത്തതുമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെന്നെ ബുദ്ധിമുട്ടിച്ചു എങ്ങനെയോ ഒരു മണിക്കൂർ കഴിഞ്ഞു ബെല്ലടിച്ചതും വീണ്ടും അവർ കൂവൽ ആരംഭിച്ചു ഞാൻ എങ്ങനെ ഈ സ്റ്റാഫ് റൂം വരെ എത്തി എന്ന് തന്നെ എനിക്കറിയില്ല എന്താ വരതെ ഇത് എന്താ വരതെ ഇത് ആകെ വിയർത്തിരിക്കുന്നല്ലോ ആകെ വിയർത്തിരിക്കുന്നല്ലോ ആ വാഷ്ബേസിന്റെ അവിടെ പോയി കൈയും മുഖവും ഒന്ന് കഴുകിയിട്ട് വരൂ വാഷ്ബേസിന്റെ അവിടെ പോയി കൈയും മുഖവും ഒന്ന് കഴുകിയിട്ട് വരൂ വല്ലാതെ തളർന്നതുപോലെ തോന്നുന്നു വല്ലാതെ തളർന്നതുപോലെ തോന്നുന്നു കണ്ണുകളും ഈറൻ അണിഞ്ഞിട്ടുണ്ടല്ലോ കണ്ണുകളും ഈറൻ അണിഞ്ഞിട്ടുണ്ടല്ലോ സാരമില്ല മല്ലികേ സാരമില്ല മല്ലികെ ഞാൻ അല്പം ഇരിക്കട്ടെ ഞാൻ അല്പം ഇരിക്കട്ടെ ഇരുന്നോളൂ ഇരുന്നോളൂ ഞാൻ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് വരാം ഞാൻ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് വരാം വേണമെന്നില്ല വേണമെന്നില്ല മല്ലികയും ഇവിടെ ഇരിക്കൂ മല്ലിയയും ഇവിടെ ഇരിക്കൂ ഇല്ലയിൽ എല്ലാവരും കൂടെ ഓടിയെത്തും കാര്യം അന്വേഷിക്കാൻ ഇല്ലേൽ എല്ലാവരും കൂടെ ഓടിയെത്തും കാര്യം അന്വേഷിക്കാൻ പേടിക്കണ്ട േടിക്കണ്ട മിക്കവരും ക്ലാസ്സിൽ പോയിരിക്കുകയാണ് മിക്കവരും ക്ലാസ്സിൽ പോയിരിക്കയാണ് ബാക്കിയുള്ളവർ പുസ്തകം തിരുത്തുകയോ മാസിക വായിക്കുകയോ ആണ് ബാക്കിയുള്ളവർ പുസ്തകം തിരുത്തുകയോ മാസിക വായിക്കുകയോ ആണ് എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് കാര്യം പറയൂ കാര്യം പറയൂ ആ ഫെസ്റ്റ് ബി എ കുട്ടികൾ ശല്യപ്പെടുത്തിയോ ഫസ്റ്റ് ബി എ കുട്ടികൾ ശല്യപ്പെടുത്തിയോ പോക്കിരികളുടെ ഒരു ക്ലാസ് ആണത് പോക്കിരികളുടെ ഒരു ക്ലാസ് ആണത് ആ ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒപ്പം തന്നെ ആ ക്ലാസിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒപ്പം തന്നെ പാഠം പഠിപ്പിക്കാൻ പോലും പാഠം പഠിപ്പിക്കാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല അവരെന്നെ അനുവദിച്ചില്ല താരമില്ല ആദ്യത്തെ ദിവസമല്ലേ താരമില്ല ആദ്യത്തെ ദിവസമല്ലേ എല്ലാവരുടെ അനുഭവം അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരുടെ അനുഭവവും അങ്ങനെ തന്നെ ആയിരിക്കും ക്രമേണ ഒക്കെ ശരി ആയിക്കൊള്ളു ക്രമേണ ഒക്കെ ശരി ഞാൻ ക്ലാസ്സിൽ കയറിയ ഉടനെ ഞാൻ ക്ലാസിൽ കയറിയ ഉടനെ എന്റെ മുമ്പിൽ ഒരു കടലാസു പ്ലെയിൻ വന്ന് വീണു എന്റെ മുമ്പിൽ ഒരു കടലാസ് പ്ലെയിൻ വന്നു വീണു ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല പെൺകുട്ടികളുടെ ഭാഗത്ത് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നും പൊട്ടിച്ചിരി ഉയർന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് പൊട്ടിച്ചിരി ഉയർന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് പിന്നെ പിന്നെ അറ്റൻഡൻസ് എടുക്കാൻ ഭാവിച്ചപ്പോൾ പുറവിൽ നിന്നും കൂവി അറ്റൻഡൻസ് എടുക്കാൻ ഭാവിച്ചപ്പോൾ പുറവിൽ നിന്നും ആരോ വിളിച്ചുകൂവി പുതിയ ടീച്ചറുടെ സ്വയം പരിചയപ്പെടുത്തൽ കഴിഞ്ഞാവാം ക്ലാസ് തുടങ്ങൽ പുതിയ ടീച്ചറുടെ സ്വയം പരിചയപ്പെടുത്തൽ കഴിഞ്ഞാവാം ക്ലാസ് തുടങ്ങൽ ആ റൗഡി ബാലചന്ദ്രനാവും ആ റൗഡി ബാലചന്ദ്രനാവും അവനാണ് അവരുടെ നേതാവ് അവനാണ് അവരുടെ നേതാവ് വെളുത്തുപൊക്കത്തിൽ വലിയ മീശയുള്ള ഒരു കുട്ടിയാണ് വെളുത്തുപൊക്കത്തിൽ വലിയ വീചയുള്ള ഒരു കുട്ടിയാണോ അതെ അവൻ തന്നെ അതെ അവൻ തന്നെ ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ പോലെ തലമുടി വെട്ടിയിട്ടിരിക്കുന്നവൻ ഹിന്ദി സിനിമയിലെ വില്ലന്മാരെ പോലെ തലമുടി വെട്ടിയിട്ടിരിക്കുന്നവൻ ആ കുട്ടി എണീറ്റ് നിന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു ആ കുട്ടി എണീറ്റ് നിന്ന് ചോദിക്കുകയായിരുന്നു ടീച്ചറുടെ മുഴുവൻ പേരും മേൽവിലാസവും എന്താ ടീച്ചറുടെ മുഴുവൻ പേരും മേൽവിലാസവും എന്താ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ കഴിഞ്ഞെങ്കിൽ അത് പ്രേമ കഴിഞ്ഞെങ്കിൽ അത് പ്രേമവിവാഹമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു ഭർത്താവിൻ എന്താണ് ജോലി ഭർത്താവിന് എന്താണ് ജോലി എന്നിങ്ങനെ എന്നിങ്ങനെ വരത എന്തു പറഞ്ഞു വരത എന്തു പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന് മുൻപേ ക്ലാസ്സിൽ കയ്യടിയും ബഹളവും ഒക്കെയായി ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിനു മുൻപേ ക്ലാസ്സിൽ കയ്യടിയും ബഹളവും ഒക്കെയായി അപ്പോഴേക്കും അടുത്ത ക്ലാസിലെ വാര്യർ സാർ വന്ന് അപ്പോഴേക്കും അടുത്ത ക്ലാസിലെ വാര്യർ സാർ വന്ന് ക്ലാസ്സിന് വെളിയിലേക്ക് എന്നെ വിളിച്ചു ക്ലാസിന് വെളിയിലേക്ക് എന്നെ വിളിച്ചു സാറിന്റെ തല വാതിലുകൾ കണ്ടപ്പോൾ സാറിന്റെ തല വാതിൽക്കൽ കണ്ടപ്പോൾ കീരിയെ കണ്ട പാമ്പിനെ പോലെ അവരുടെയൊക്കെ തല കീരിയെ കണ്ട പാമ്പിനെ പോലെ അവരുടെയൊക്കെ തല താണു സാറ് പിന്നെ ക്ലാസ്സിലേക്ക് കയറി സാറു പിന്നെ ക്ലാസ്സിലേക്ക് കയറി അവരോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചുപോയി അവരോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് തിരിച്ചുപോയി എന്നിട്ട് എന്നിട്ട് ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് കയറി ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് കയറി അപ്പോൾ കുട്ടികളൊക്കെ നിശബ്ദരായി ഇരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ നിശബ്ദരായി ഇരിക്കുകയായിരുന്നു ഞാൻ പിന്നെ മലയാള സാഹിത്യത്തെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ഞാൻ പിന്നെ മലയാള സാഹിത്യത്തെക്കുറിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷേ അതിനിടയിൽ വീണ്ടും അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി പക്ഷേ അതിനിടയിൽ വീണ്ടും അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി വേണ്ടതും വേണ്ടാത്തതുമായ ചോദ്യങ്ങൾ ചോദിച്ചു വേണ്ടതും വേണ്ടാത്തതുമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെന്നെ ബുദ്ധിമുട്ടിച്ചു അവരെന്നെ ബുദ്ധിമുട്ടിച്ചു എങ്ങനെയോ ഒരു മണിക്കൂർ കഴിഞ്ഞു എങ്ങനെയോ ഒരു മണിക്കൂർ കഴിഞ്ഞു ബെല്ലടിച്ചതും വീണ്ടും അവർ കൂവൽ ആരംഭിച്ചു ബെല്ലടിച്ചതും വീണ്ടും അവർ കൂവൽ ആരംഭിച്ചു ഞാൻ എങ്ങനെ ഈ സ്റ്റാഫ് റൂം വരെ എത്തിയെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഈ സ്റ്റാഫ് റൂം വരെ എത്തിയെന്ന് തന്നെ എനിക്കറിയില്ല